ായ ശ്രീ വെങ്കടേശ വ്രതം ശ്രീഗണപതി ധ്യാനം വക്രതുണ്ട മഹാകായ കോടിസൂര്യ സമപ്രഭ നിർവിഘ് കുരുമേ ദേവ ദകാര്യു സർവ ശുക്ലാബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേത് സർവഘ്നോപന്ത ലം തദവ താരാബലം ചന്ദ്രബലം തദ്യവലം ദൈവലം തദവ ലക്ഷ്മിപദേ തെങ്ക്രിയുഗം സ്മരാമി ആജു ം കേം നാരായണായ സ്വാഹ മാധവാഹ ഓ ഗോവിന്യ നമ ഓം വിഷ്ണവ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവികം വാമനായ നമ ഓം ശ്രീധരാ നമ ഓം ഋഷികേശാ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരാ നമ ഓം സങ്കർഷായ നമ ഓം വാസുദേവ നമ ഓം പ്രത്യുപ്നായ നമ ഓം അനിരുദ്ധായ നമ ഓം പുരുഷോത്തമായ നമ ഓം അധോക്ഷം നരസിംഹാ നമ ഓം അച്ഛുദായ നമ ഓം ജനാർദനായ നമ ഓം ഉപേന്ദ്രാ നമ ീകൃഷ്ണായ നമ ഭൂതോചാദനം ഉത്തിഷ്ടുഭൂത ആദൈ ഭൂമി ഭാരക ഏതാമ വിരോധന ബ്രഹ്മകർമ്മ സമാരഭേ കുറച്ച് അക്ഷിന്ത അതായത് അരിമണികൾ എണ്ണയും മഞ്ഞൾ പൊടിയും ചേർത്ത് കുഴച്ചത് എടുത്ത് നിങ്ങളുടെ പുറകിലേക്ക് എറിയുക അതിനുശേഷം വലത കൈകൊണ്ട് മൂക്കു പിടിച്ച് പ്രാണായാമം ചെയ്യുക പ്രാണായമം ഓം ഭൂം ഭുവ ഓം മഹ ഓം ജന ഓം തമ ഓം സത്യം ഓം തത് സവിദൂർവരെണ്യം ഭർഗോദേവധീമി ധീയോ യോനഃ പ്രചോദയാത് ം ആവോ ജ്യോതിരസോമൃതം ബ്രഹ്മഭുർഭുസ്വരം മമ ഉപാധുരിദക്ഷ ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശുഭേ ശോഭന മുഹൂർത്തീമവിഷ്ണുരാജ്ഞേയവർത്തനസ്രഹ്മണ ദ്വിതീയ പരാർ ശ്വേത വരാഹകൽപെ വൈവസ്വത മന്വന്തരെ കലിയുഗെ പ്രഥമ പാത ജംബുദ്വീപെ ഭരതവർഷെ ഭരതഖണ്ഡേ മേരോ ദക്ഷിണ ദിഗ്ഭാഗെ ശ്രീശൈലസ്യ ഏറ്റവും അടുത്തുള്ള നദികളുടെ പേരുകൾ പറയുക പ്രദേശെ കൃഷ്ണ ഗോദാവരി മധ്യഭാഗെ സ്വശോഭനഗൃഹേ സമസ്ത ദേവത ബ്രഹ്മണ ഹരിഹരസന്നിധൗ അസ്ൻ വർത്തമാന വ്യവഹാര ചന്ദ്രമാനേന സ്വസ്തിശ്രീ പ്രഭാവതി നാമ സംവത്സരമധ്യേ അന്നത്തെ തിയതി ദിവസം മാസം വർഷം സംവത്സരെ അയനെ ഋതൗ മാസേ പക്ഷേ തിഥൗ വാസരെ ശുഭനക്ഷത്രേ ശുഭയോഗേ ശുഭകർ ഇവങ്ങുന വിശേഷണ विशिष्टाया शुभ तिथ श्रीमा पेर पर गोत्रह जैति पर नामधेय धर्म पत्नी सस्माक सह कुटा क्षेम स्थैर्यध विजय आयुर्ग्य ऐश्वर्य अभिवृद्ध्यर्थ धर्माथ काम मोक्ष चुपुषाथल सिद्ध्यथ മമോപാദ ദുരിദക്ഷയത്ീ പരമേശ്വര പ്രീത്യർത്ഥം ശ്രീലക്ഷ്മി പദ്ധതി സമേ ശ്രീ വെങ്കടേശ്വരദേവത മുദ്ദിശ്യ ശ്രീ വെങ്കടേശ്വര ഹൃദകൽപകരിഷ്യ ദ്രവ്യസംഭവദ്ധി പദാർത്ഥേ സംഭവദ നിയമേന യച്ഛക്തി ധ്യാനവാഹനാദിശോധശോപചാര പൂജ്യം കരിഷ്യേ ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ തൊടുക തടങ്ക കലശാരാധനം കരിശേ സ്വാമിയുടെ വലതുവശത്ത് കലശം വെക്കുക അതിന് അടുത്തായി ഒരു സ്റ്റീൽ തട്ടിനുള്ളിൽ ചെറിയ മൂന്ന് കുഴിയുള്ള പാത്രങ്ങളിൽ ചന്ദനം കുങ്കുമം അക്ഷിന്ത എന്നിവ വയ്ക്കുക ത്തിനുള്ളിൽ ഒരു പൂ വെച്ചിട്ട് താഴെ വിവരിക്കുന്ന ശ്ലോകം ചൊല്ലുക ശ്ലോകം കലശ്യമുഖേ വിഷ്ണു കാന്തേ രുദ്രഹ സമാശ്രിത മൂലേ തത്ര സ്ഥിതോ ബ്രഹ്മ മധ്യേ മാതൃഗനാഹ ശ്രിതാഹ കുക്ഷര സർവേ സപ്തദ്വീപ വസുന്ധര ഋഗ്വേദ യജുർവേദ साम മ വേദോഹ്യദർപ്പണ അംഗിശ്ച സഹിതാബു സമാശ്രിത കലശേ ഗന്ധ പുഷ്പാക്ഷൻ നിക്ഷിപ്പസ്താദ്യ ആപോ വ ഇതം സർവ്വഭൂതാപ്രാണവ ആപഹ പശവ ആപോന മാൃത മാപ സാമ്രധൂപോ വീതാപരാദാപ ശ്യാപോതിർവ ദേവദൂർഭുസ്വ രാം ഒരു ചെറിയ ഗ്ലാസിൽ വെള്ളം നിറച്ച് അതിൽ ഒരു തുളസി ഇല ഇടുക ശ്ലോകം ഗംഗേ ചയമുനെ കൃഷ്ണേ ബോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേര്യോ ജലസ്മിൻ സന്നിധിം കുരു തുംഗഭദ്രേജ കൃഷ്ണ വേണീച ഗൗതമേ ഭാഗീരഥീജ വിഖ്യാത പഞ്ചഗംഗ പ്രകീർത്തി കലശോദകേന ദേവ മാത്മാനം പൂജ ദ്രവ്യാണുജ സംപ്രോക്ഷ മുകളിൽ പറഞ്ഞ ഗ്ലാസിലെ വെള്ളത്തിനുള്ളിൽ ഒരു പൂവ് മുക്കുക അതിനുശേഷം ഭഗവാന്റെ ചിത്രത്തിലും പൂജാപാത്രത്തിലും നിങ്ങളുടെ സ്വയവും ആ വെള്ളം തളിക്കുക ശ്രീഗണപതി പ്രാർത്ഥന ശുക്ലാബർ വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വന്നിഘ്നോപാദ ആദ നിർവി്നെയസമാ ഗണപതി പൂജം കരിഷ്യേ അധ ഗണപതി പൂജാ ഗണപതിവീനുപ്രവർത്തവം ജ്യേഷ്ട്രാജം ബ്രഹ്മണ ബ്രഹ്മണസ് പദ ആനശ്രൂന്യൂതിസാധനം ശ്രീ മഹാഗണാതിപത്യനമ ധ്യയാ ധ്യനം സമർപ്പമി ആവാഹയാമി രത്നസിംഹാസനം സമർപ്പമി പാദ്യോ പാദ്യം സമർപ്പമി ഹസ്തർഘ്യം സമർപ്പമെ മുഖേ ആജമനീയം സമർപ്പമി ആവോഹിഷ്ടമയോ പൂവസ്ഥന ഊർജന മഹേരനായ ചസേ യോ പക്ഷി വധസ്ഥേഹന ഉഷ തീരി മാതര തസ്മ ആരം ഗമാവോ യസക്ഷയാന്വദ ജനയഥനഃ ശ്രീ മഹാഗണാതിപത്യനമ ശുദ്ധോദകർപ്പി സ്നന്തരം ശുദ്ധ ആചമനീയം സമർപ്പമി അഭി വസ്ത്രു വസനർഭി ധേനുസു ദുഃഖ്യ ചന്ദ്ര ഭർത്തമേനോ ഹിരണ്ഭ്യശ്വരതി നോ ദസോമ ശ്രീമഹാഗണാതി നമ വസ്ത്രയുഗ്മം സമർപ്പമി യജ്ഞോവീതം പരമം പവിത്രം प्रजापदे പ്രജാപദേഹം പുരസ്തുഷ്യമഗ്രം പ്രതിമുഞ്ഞ്ചശശുഭ്രം യോപമീതം ബലമസ്തു തേജ ശ്രീ മഹാഗണാതിപത് നമ യോപീതം സമർപ്പമി ഗന്ധദ് ദുരാദർശാന് നിത്യപുഷ്ടാ കരീഷിണിം ഈശ്വരേഗം സർവൂതാ മിഹോപഹിശ്രിയാഗണാതിപതയ ദിവ്യശ്രീ ചന്ദ സമർപ്പമി അയനൈതേ നാരായ ദുർവോഹന്തുപുഷ്പ്രൃദാശ്ച പുണ്ഠരീകാരി സമുദ്ര ഗൃഹ ഇമേ ശ്രീ മഹാഗണാതിപതി നമ ദുർവാദിവിധപുഷ്പാൻ സമർപ്പമി അധ ശ്രീ ഷോദനാമ പൂജ ഓം സുഖാ നമ ഓം ഏകദന്യായ നമ ഓം കപിളായ നമ ഓം ഗജ കർക ഓം ലംബോധരാ നമ ഓം വിഗടാ നമ ഓം വിഘ്നരാജായ നമ ഓം ഗിപനയേ നമ ഓം ഭൂമകേതവേ നമ ഓം ഗണാധ്യക്ഷ ഓം ബാലചന്ദ്രായ നമ ഓം ഗജാനായ നമ ഓം വക്ര നമ ശൂർപ്പണ നമ ഓം ഹൈരംബായ നമ സ്കൂർവ് സർവസിദ്ധിപ്രദായ ഓം ശ്രീ മഹാഗണാതിപദേ നമ നാനാവിധപരിമളപുഷ്പാൻ സമർപ്പമെ വനസ്പതിയുർഭവ്യാനാഗന്തിഷു സംയുധം ആഗ്രഹ സർവൈവാധൂം പ്രതിഗൃഹ്യത ശ്രീമഹാഗണാതിപത്യനമ ധൂപം ആപയാമി സജം ത്രിവർത്തി സംയുക്തം വന്നിന് യോജിതം പ്രിങ്ങണ മംഗളം ദീപം ത്രൈലോക്യ തിമഹം ഭക്തീപം പ്രയച്ചാമി ദേവായ പരാത്മനേ ദാഹിമാം നരഗാദ്ഘോര ദിവ്യജ്യോതി ഋണമോസ്തുദേ ശ്രീ മഹാഗണാതിപതി നമ ദീപം സമർപ്പമി ധൂപ ദീപാനമി നൈവേദ്യം ഒരു ചെറിയ തട്ടത്തിൽ ഒരു ചെറിയ കഷണം ശർക്കര വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക ഓം ഭൂർഭുസ്വ തത് സവിധൂർവരെണ്ർബോദേവീമോനോദയാ സത്യം തോർത്തെന പരിശിഞ്ചാമി രാത്രിയിൽ ചൊല്ലുകയാണെങ്കിൽ ഋതം ത്വസത്യന പരിശിഞ്ചാമി എന്ന് ചൊല്ലുക ശ്രീ മഹാഗണാതിപദേ ഗുടോപഹാരനൈവേദ്യം സമർപ്പമി അമൃതമസ്തു അമൃതോപസ്തര നമസി ഓം പ്രാണായ സ്വാഹനായ സ്വാഹായ സ്വാഹനായ സ്വാഹ ഓം സമാന സ്വാഹ മധ്യേ മധ്യേ പാനീയം സമർപ്പമി അമൃതാഭിതാമസി ഉത്തരപോഷണം സമർപ്പമി ഹസ്തൗ പ്രക്ഷേ ശുദ്ധ ആചമനീയം സമർപ്പമി പൂഗീഫലൈ സക്കർപൂരിൽ ദല്യുധം മുക്തൂർണ സമാലം പ്രതിഗൃഹ്യതം താമ്പൂലം സമർപ്പമി ഒരു വെറ്റിലയിൽ ഏതെങ്കിലും ഒരു പഴം സമർപ്പിക്കുക ഭഗവാൻ ഓം ഗണാനം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവിണാമുപമസ്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണം ബ്രഹ്മണസ്പദ ആനന ശ്രൂന്യനൂതി പി സീതസാധനം ശ്രീ മഹാഗണാധിപതി നമ സുവർണമന്ത്ര പുഷ്പം സമർപ്പയാമി പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക മന്ത്രഹീനം കിയാഹീനം ഭക്തിഹീനം ഗണാതിഭ യൂജിതം മയാദേവ പരിപൂർണം തധാസ്തു തേജ്ഞമയജേവാസ് ധർമാനി പ്രഥമ ന്യാ ദഹനാഗം മഹിമാനസേ യത്ര പൂർവേ സാധ്യ ശാന്തി പുനരാജനം അനയാധ്യാനവാഹനാദി ഷോദശപചാര പൂജയാ ച ഭഗവാൻ സർവാകീഗണാധിപതിസുപ്രീതോ വരദോ ഭൂ ഉത്തരേ കർമ്മ്യഘ്നമസ്തീവന്തോ ബ്രുവന്തു ഉത്തരേ കമ്മണ്യ വിഘ്നമസ്തു ഗണാധിപതി പ്രസം ശിരസൃനാമി സഹസ്ര പരമാദീ ശതമൂലശദുനരേ പാപം ദുർവാദുസ്വപനാശനേ ഗണപതിയഥാസ്ഥാന മുസയാമി പ്രാണപ്രതിഷ്ടം അസനു അസുനീതേ പുനരസ്മാസു ചക്ഷു പുനഃ പ്രാണമിഹനോ ഭഗം യോഗം പശ്യേമ സൂര്യമുച്ചരന്ദ മനുമേ മൃദയാനസ്വസ്തി അമൃത വിപ്രാണ അമൃത മാപഹ പ്രാണനേവ യഥാസ്ഥാനുപഹ വയതേ ഭഗവാന്റെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ തൊടുക ശ്രീ വെങ്കടേശ്വര ആവാഹയാമി സ്ഥാപയാമി പൂജയാമി സ്ഥിരോഭവ വരദോഭവ സുപ്രസന്നോഭവ സ്ഥിരസ്ഥാനം കുരു ധ്യാനം ശാന്താകാരം പുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവോകേകാഥം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവോകേകാഥം ശ്രീലക്ഷ്മി പദ്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിന്യ നമ ധ്യാമി ധ്യാനം സമർപ്പമി ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ഒരു പൂവോ തുളസി ഇലയോ സമർപ്പിക്കുക ആവാഹനം ആവാഹയാമി ദേവേശസിദ്ധ ഗന്ധർവസേവിത യദ്രഹ ശ്യാമിതം പുണ്യം സർവപാപ ഹരോഹരഹ ശ്രീലക്ഷ്മി പദ്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിന്യനമ ആവാഹയാമി ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ഒരു പൂവോ തുളസി ഇലയോ സമർപ്പിക്കുക ആസനം ദൈവ ജഗന്നാഥപ്രണതക്ലേശനാശന രത്നസിംഹാസനം ദിവ്യം ഗൃഹാണമധുസൂദന ശ്രീലക്ഷ്മി പദ്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിന് നമ രത്നസിംഹാസനം സമർപ്പമി ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ഒരു പൂവോ തുളസി ഇലയോ സമർപ്പിക്കുക പാഞ്ചിതം കുരമേ ദുഷ്കൃതം ച വിനാശായ പാദ്യം ഗൃഹാണ ഭഗവാൻ മാധുര സംഘസംസ്ഥിത ശ്രീലക്ഷ്മി പത്മാവതി സമേതസ് ശ്രീ വെങ്കടേശ്വര സ്വാമിനി പാദയോ പാദ്യം സമർപ്പയാമീ ഗ്ലാസിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക അർഘ്യം കുരുശ്വമേ ദയാം ദൈവ സംസാരാർത്ഥി പയാവഹ തതിക്ഷീര ഫലോപൈതം ഗൃഹാനാർഖ്യം നമോസ്തുതേ ശ്രീലക്ഷ്മി പത്മാവതി സമേതസ് ശ്രീ വെങ്കടേശ്വര സ്വാമി നമ ഹസ്തർഘ്യം സമർപ്പയാമീ ഗ്ലാസിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക ആചമനം നമസത്യായ ശുദ്ധായ നിത്യായ ജ്ഞാനൂപിണ്യ ഋഹാനാചമനം ദൈവ സർവ ലൗകീകനായക ശ്രീലക്ഷ്മി പത്മാവതി സമേതസ്രീ വെങ്കടേശ്വര സ്വാമിനി നമ മുഖേ ആചമനീയം സമർപ്പയാമി ഗ്ലാസിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക പഞ്ചാമൃത സ്നം പഞ്ചാമൃതം മയാദം പയോധി കൃതം മധു ശർക്കൈവ ദം പ്രതിഗൃഹ്യതം ശ്രീലക്ഷ്മീപദ്മാവതീസേതീ വെങ്കടേശ്വരസ്വാമിനേ നമ പഞ്ചാമൃത സ്നം സമർപ്പമി ഭഗവാൻ ഭഗവാൻ പഞ്ചാമൃതം സമർപ്പിക്കുക പഞ്ചാമൃതം പാൽ തൈര് നെയ്യ് തേൻ പഞ്ചസാര സ്നം സ്വർണ പാത്രോദകം ഗംഗ യമനദി സമന്വിതം ശുദ്ധോദകം ഗൃഹാനേശ സ്നാനം കുരു യഥാവതി ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനെ നമ ശുദ്ധോദക സ്നാനം സമർപ്പയാമി ഗ്ലാസിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക വസ്ത്രം സപ്തകാഞ്ചനസങ്കാശം പീതാംബരം ഹരേ സുഗൃഹാന ജഗന്നത ശ്രീനിവാസനമോസ്തു ശ്രീലക്ഷ്മി പദ്തി സമേത ശ്രീ വെങ്കടേശരസ്വാമിന് നമ വസ്ത്രയുഗ്മം സമർപ്പമി യോപവീതം യജ്ഞോപവീതം പരമം പവിത്രം പ്രജാവത്യസഹജം പുരസ് ആയുഷ്യമഗ്രംപതി മുഞ്ചശുഭ്രം യോപഗീതം ബലമസ്തു തേജ ശ്രീ ലക്ഷ്മി പദ്തസമേത ശ്രീവെങ്കടേശ്വരസ്വാമി നമ യോപീതം സമർപ്പമി ഗന്ധം ചന്ദനഗര കസ്തൂരി ഖനസാരസമന്വിതം ഗന്ധം ഗൃഹാന ഗോവിന്ദ നാനാഗന്ധാരീ ലക്ഷ്മി പദ്ധതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി നമ ദിവ്യപരിമളഗന്ധാൻ സമർപ്പമി ഭഗവാൻ കുറച്ച് ചന്ദനം ചാർത്തുഗക്ഷത ഗോവിന്ദ പരമാനന്ദ ഹരിദ്രസഹിതക്ഷത വിശ്വേശ്വര വിശാലാക്ഷഗൃ പരമേശ്വര ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനു നമഹ അക്ഷത സമർപ്പയാമീ ഭഗവാന്റെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ കുറച്ച് അക്ഷിന്ത വിതടുക അക്ഷിന്ത അരിയും എണ്ണയും കൂടി മിക്സ് ചെയ്തത് പുഷ്പം സുഗന്ധീനി സുപുഷ്പാനി ജാജീകുണ്ഠ മുഖനിജ മാലതി വകുലാദേവി പൂജാർത്ഥം പ്രതിഗൃഹ്യതാം ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമഹ പുഷ്പം സമർപ്പയാമി പൂക്കൾ സമർപ്പിക്കുക അതാങ്കപൂജ ഓ ഓരോ വരി ചൊല്ലുമ്പോഴും തുളസി കലശത്തിന്മേൽ സമർപ്പിക്കുക ഓം ശ്രീ വെങ്കടേശ്വരാ നമ പാദ പൂജയാമി ഓം ശ്രീ വെങ്കട ചലധീശാ നമ ഗുൽഭൗ പൂജയാമി ഓം ശ്രീ പ്രദായ നമ ജനൂനി പൂജയാമി ഓം പദ്മാവതീപയ നമ ജംഘേ പൂജയാമി ഓം ജാനപ്രദായ നമ ഊരു പൂജയാമി ഓം ശ്രീനിവാസായ നമ കട്ടിം പൂജയാമി ഓം മഹാഭാഗാ നമ നാഭി പൂജയാമെ ഓം നിർമ്മല നമ ഉദരം പൂജയാമി ഓം വിശാലയ നമ ഹൃദയം പൂജയാമൂ ഓം പരശുദ്ധാത്മന സ്ഥാനം പൂജയാമി ഓം പുരുഷോത്തമാ നമ ുജൗ പൂജയാമി ഓം സ്വർണഹസ്ത നമ ഹസ്തൗ പൂജയാമ വരപ്രദ നമ ഖണ്ഡം പൂജയാമി ഓം ലോകനാഥായ നമ സ്കന്ദോ പൂജയാമി ഓം സർവേശ്വരാ മുഖം പൂജയാമെ ഓം രസഖ്നായ നമ നാസികൂജയാ ഓം പുണ്യശ്രവണകീർത്തോത്രയ പൂജയാമ ഓം ഭുബുജ വിനോദനയ നമ നേത്രേ പൂജയാമി ഓം വർച്ചസ്വിന്യേ നമ ലാടം പൂജയാമി ഓം രമ്യ വിഗ്രഹായ നമ സർവാണ്യംഗാ പൂജയാമി ഓം ശ്രീലക്ഷ്മി പദ്മാവതിസമേ ശ്രീ വെങ്കടേശ്വര പരമാത്മനേ നമ ദിവ്യസുന്ദര വിഗ്രഹം പൂജയാമി ശ്രീ വെങ്കടേശന അഷ്ടോത്തരച്ചവലി ഓ വെങ്കടേശാ നമ ഓം ശ്രീനിവാസ നമ ഓം ലക്ഷ്മിതയെ നമ ഓം അനമാ ഓം അമൃതാസായ നമ ഓം ജഗദ്വന്ദ്യ നമ ഓം ഗോവിന്ദയ നമ ഓം ശാശ്വത നമ ഓം പ്രഭവേ നമ ഓം ശേഷാദ്രി നിലയാ ഓം ദേവായ നമ ഓം കേശവാ നമ ഓം മധുസൂദന ഓം അമൃത നമ ഓം മാധവ നമ ഓം കൃഷ്ണായ നമ ഓം ശ്രീഹരയേ നമ ഓം ജ്ഞാനപഞ്ചരായ നമ ഓം ശ്രീവത്സവ വക്ഷസേ നമ ഓം സർശാ നമ ഓം ഗോപാളായ നമ ഓം പുരുഷോത്തമാ ഓ ഗോപീശ്വരാ നമ ഓം പരം ജ്യോതിഷേ നമ ഓം വൈകുണ്ഠവനേ നമ ഓം അവ്യയ്യായ നമ ഓം ശുദ്ധനരമേ നമ ഓം യാദവേന്ദ്രായ നമ ഓം നിത്യൗവന രൂപേ നമ ഓം ചതുേദാത്മഗാ നമ ഓം വിഷ്ണവ നമ ഓം അച്ഛുത നമ ഓം പത്മിനിയ നമ ഓം ധരാപദ നമ ഓം സുരപദം നിള നമ ഓം ദൂജിതായ നമ ഓം ചതുർഭുജായ നമ ഓം ചക്രധരാ നമ ഓം ത്രിധാനേ നമ ഓം ത്രിഗുണശ്രയാ നമ ഓം നിർവിൽ നമ ഓം നിഷ്കളങ്കായ നമ ഓം നിരാജ്ഞാ നമ ം നിരഞ്ജന ഓം നിരഭാസായ നമ ഓം നിത്യതൃപ്ത ഓം നിർഗുണായ നമ ഓം നിരുഭദ്രാ നമ ഓം ഗദാധരാ നമ ഓം ശാർഗപാണയേ നമ ഓം നന്ദിനെ നമ ഓം ശംഖതാരകായ നമ ഓം അനേകമൂർത്തേ നമ ഓം അവ്യക്ത നമ ഓം കടിഹസ്ത നമ ഓം വരപ്രദായ നമ ഓം അനേകാത്മന ഓം ദീനബന്ധവേ നമ ഓം ആർത്തലോക ഓം ആകാശരാജവരായ നമ ഓം യോഗി ഹൃത് പദ്മണ്ഠരായ നമ ഓം ദാമോദരായ നമ ഓം ജഗൽപ്പലായ നമ ഓം പാവ്നായ നമ ഓം ഭക്തവത്സലായ നമ ഓം ത്രിവിക്രമായ നമ ഓം ശിംശുമാരായ നമ ഓം ജടമഗട ശോഭിതായ നമ ഓം ശംഖ മദ്യോല സന് മൻ ജോ കിങ്ങിന്യാദ്യ കരണ്ടക ഓം നീലമേഘ ശ്യാമ തനവേ നമ ഓം ബിൽവ പത്രാർച്ചന പ്രിയായ നമ ഓം ജഗൽ വ്യാമിന്യേ നമ ഓം ജഗൽക്കേ നമ ഓം ജഗൽസാക്ഷിണേ നമ ഓം ജഗത്പം ചിന്തിയായ നമ ഓം ജിഷ്ണവേ നമ ഓം ദാശരുവാ നമ ഓം ദശരുപദേ നമ ഓം ദീനന്ദന ഓം ശൌരേ നമ ഓം ഹയഗ്രീവായ നമ ഓം ജനർദന ഓം കന്യാശ്രവണ താരങ്ങായ നമ ഓം പീതാംബരധരായ നമ ഓം അനഘായ നമ ഓം വനമാലിനെ നമ ഓം പത്മനാഭായ നമ ഓം മൃഗയ സക്തമാനസാ നമ ഓം അശ്വരുഠായ നമ ഓം ഖഡ്ഗാരണേ നമ ഓം ധനാർജന സമത്സുഖാ നമ ഓം ഗണശാരളസന്മ കസ്തൂരി തിലകോജ്വലായ നമ ഓം സച്ചിദാനന്ദായ നമ ഓം ജഗന്മംഗളനായകായ നമ ഓം യജ്ഞരുമാ നമ ഓം യജ്ഞഭോക്േ നമ ഓം ചിന്മയാം പരമേശ്വരാ നമ ഓം പരമാർപ്രദായ നമ ഓം ശാന് നമ ഓം ശ്രീമദേ നമ ഓം ദോർദണ്ഡ വിക്രമാ നമ ഓം പരാത്പരാ നമ ഓം പരബ്രഹ്മണ്മ ഓം ശ്രീ വിഭവേ നമ ഓം ജഗദീശ്വരാ നമ ഇതിരികടേശ്വര അഷ്ടോത്തരശനമാവലി ശ്രീമഹ് അഷ്ടഷ്ടഷ്ടഷ്ടഷ്ടോത്തരശ്ശനമാവലി ഓം പ്രകൃതിയെ നമ ഓം വികൃതയം വിം സർവൂതഹിതാ നമ ഓം ശ്രദ്ധായ നമ ओं विभूते नम ओं सुरभ्ये नम ओं परात्म नमः ओम वाजे नमः ओं पदमालयाये नमः ओम पदमाय नमः ओम शुचा नम ओम स्वाहाये नमः ओम स्वाधाये नमः ओम शुद्धा नमः ओम धन्याये नमः ओम हिरण नमः ओम लक्ष्मे नमः ओं निष्ठा नम ओं विभवर्य नम ओं അതിയ നമ ഓം ധീറ്റ നമ ഓം ദീപ ഓം വസുധായ നമ ഓം വസുധാരണയേ നമ ഓം കമല ഓം കാന്യ നമ ഓം കാമാേ നമ ഓം കമലസംഭവാ നമ ഓം അനുഗ്രഹപ്രദ നമ ഓം ബുദ്ധായ നമ ഓം അനഘാ നമ ഓം ഹരിവല്ലായ നമ ഓം അശോകാ നമ ഓം അമൃത ഓം ദീപായ നമ ഓം ലോക ശോക വിനാശിന് നമ ഓം ധർമ്മനിലയാ ഓ കരുണായ നമ ം ലോകമാത്രേ നമ ഓം പദ്മപ്രി നമ ഓം പദ്മഹസ്ത നമ ഓം പദ്ക്ഷേ നമ ഓം പദ്മസുന്ദര്യ നമ ഓം പദ്മോദ്ഭവാ ഓം പദ്മുഖ്യേ നമ ഓം പദ്മനാഭപ്രിയാ ഓ രമായേ നമ ഓം പദ്മധരാ നമ ഓം ദേ നമ ഓം പത്മന്യേ നമ ഓം പത്മഗന്ധിന്യേ നമ ഓം പുണ്യഗന്ധാ നമ ഓം സുപ്രസന്നയ നമ ഓം പ്രസാദിമുഖാ നമ ഓം പ്രഭാ നമ ഓം ചന്ദ്രവദ ചന്ദ്രാ നമ ഓം ചന്ദ്രസഹോദര്യ നമ ഓം ചതുർഭുജാ നമ ഓം ചന്ദ്രൂപാ നമ ഓം ഇന്ദ്രാ നമ ഓം ഇന്ദുശീതളാ നമ ഓം ആഹ്ലാദജന്യ നമ ഓം പുഷ്ടേ നമ ഓം ശിവാ ഓം ശിവേ നമ ഓം സത്യാ നമ വിമലായ നമ ഓം വിശ്വജനയേ നമ ഓം ധൂഷ്ടേ നമ ഓം ദാരിദ്രനാശിന്യ നമ ഓം പ്രീതി പുഷ്ക ഓം ശരദയേ നമ ഓം ശുക്ലമാലയാംബരാ നമ ഓം ഭാസ്കര്യ നമ ഓം ബിളവനിളയാ ഓം വരരുഹായ നമ ഓം യശസ്വിന്മ ഓം വസുന്ധരാ നമ ഓം ഓ ഉദ്ധാരായ നമ ഓം ഹരിണ്േ നമ ഓം ഹേമമാലിന്യേ നമ ഓം ധനധന്യകാര്യ നമ ഓം സിദ്ധാ നമ ഓം സ്ത്രൈണ സൗമ്യായ നമ ഓം ശിവപ്രദായ നമ ഓം ദ്രവവേമഗനന്ദയേ നമ ഓം വരലക്ഷ്മി നമ ഓം വസുപ്രദായ നമ ഓം ശുഭായ നമ ഓം ഹിരണ്യപ്രാഗാരാ നമ ഓം സമുദ്രധന േ നമ ഓം ജയാ നമ ഓം മംഗളാ നമ ഓ വിഷ്ണു വക്ഷസ്തലസ്തുത നമ ഓം വിഷ്ണു പത്തിന്യേ നമ ഓം പ്രസന്നാക്ഷെ നമ ഓം നാരായണസമാശ്രിതായ നമ ഓം ദാരിദ്രധ്വംസിന്യന ഓം ദലക്ഷ്മി നമ ഓം സർവഭ്രവ നിവാണ്യ നമ ഓം നമ ദുർഗാ നമ ഓം മഹാകാളേ നമ ഓം ബ്രഹ്മവിഷ്ണു ശിവാത്മഗായ നമ ഓം ത്രികാലസംപന്നുവനേശ്വര്യ നമ ഓം മഹാല അഷ്ടോത്തരശനമ ഇതിമഹലക്ഷ്മി അഷ്ടോത്തരശനലി ശ്രീ പദ്മാവതി അഷ്ടോത്തരശനമാവലി ഓം പദ്മാവത ഓം ദിയമ ഓം പദ്മോത്ഭവായ നമ ഓം കരുണ പ്രദായണ്യ നമ ओं सहृदाय नम ओं तेजस्वू्य नम ओं कमल मुख्य नम ओं पद्म नम ओं श्रीए नम ओं पद्मे नम ओं को सूर्य स्रभाय नम ഓം പത്മകരാ നമ ഓം സുഗു നമ ഓം കുങ്കുമപ്രി നമ ഓം ഹേമവർണായ നമ ഓം ചന്ദ്ര വന്തി നമ ഓം തഗ ധഗ പ്രകാശരീരധാരണ്യന ഓം വിഷ്ണു പ്രിയായ നമ ഓം നിത്യകളേ നമ ഓം കോടി സൂര്യപ്രകാശിന്യ നമ ഓം മഹാസൗന്ദര്യൂപണേ നമ ഓം ഭത്സല ഓം ബ്രഹ്മ സിന്യേ നമ ഓം സർവാഞ്ച ഫലദദായ നമ ഓം ധർമ്മസങ്കൽ നമ ഓം ദാക്ഷിണ്യകടാക്ഷിണ്േ നമ ഓം ഭക്തി പ്രധാനേ നമ ഓം ഗുണത്രയ വിവർജിതം കലശോദശ സംയുതായ നമ ഓം സർവലോകാം നമ ഓം ദയാമൃദായ നമ ഓം പ്രജ്ഞാ നമ ഓ മഹധർമായ നമ ഓം ധർമ്മൂപിണേ നമ ഓം അലങ്കാരപ്രി നമ ഓം സർവദിദ്രധ്വംസിന്യേ നമ ഓം ശ്രീ വെങ്കടേശവക്ഷസ്ഥലസ്ഥിതം ലോകശോകവിനാശിന്യേ നമ ഓം വൈഷ്ണവ്യേ നമ ഓം തിരുചാനൂരുപുരവാസിന്മ ഓം പൂജഫലദദായ നമ ഓം കമല സന്നാദിസേവതായ നമ ഓം സർവലോകമാത്രേ നമ ഓം വൈദ്യവൈദ്യവിശരായ നമ ഓം വിഷ്ണുപാദസേവിത നമ ഓം രത്ന പ്രകാശകിരധാരണേ നമ ഓം ജഗന്മോഹേ നമ ഓം ശക്തിസ്വരുണേ നമ ഓം പ്രസന്നോദയാ ഓ ഇന്ദ്രാദി ദത യക്ഷ കിരക്കിം പുരുഷ പൂജതായ നമ ഓം സർവലോകനിവാസിന്മ ഓം ഭുജയാ ഓം ഈശ്വര്യപ്രദായണ്യ നമ ഓം അഭയദായ നമ ഓം വൈകുണ്ഡവാസ നമ ഓം ശാന് നമ ഓം ഉന്നതസ്ഥാന ഓം അന്ധാരകാമേ നമ ഓം കമലാകാരായ നമ ഓം വേദാന്തജ്ഞാനൂപിണ്ണേ നമ ഓം മുക്തിന് നമ ഓം ദ്രാക്ഷാഫല പായസപ്രി ഓം നൃത്യഗീത പ്രിയായ നമ ഓം ക്ഷീ ക്ഷീരസാഗരോത്ഭവാ ഓം ആകാശരാജപുത്രയ നമ ഓം സുർണഹധാരണ്യേ നമ ഓം കാമൂപം കരുണ കടാക്ഷധാരണയെ നമ ഓം അമൃതസുജാ നമ ഓം ഭൂലോകസ്വർഗസുഖദദായണ്യ നമ ഓം അഷ്ടിക്പാല ഗാധിപത്യ നമ ഓം മന്മഥദർപ്പംഹാരണേ നമ ഓം കമലാർത്ഥ ഭാഗായ നമ ഓം സ്വൽപരദ മഹാപരാധക്ഷ ഓം ഷട്ടോടി തീർത്ഥവാസിദായ നമ ഓം നാരദാദിമുനിശ്രേ പൂജിത ഓം ആദിശങ്കര പൂജിതായ നമ ഓം പ്രതിന്യ നമ ഓം സൗഭാഗ്യപ്രദായണ്യ നമ ഓം മഹാകീർത്തി പ്രായണ്യ നമ ഓം കൃഷ്ണാദിപ്രിയ ഓം ഗന്ധർവശാപ വിമോചക ഓം കൃഷ്ണപത്തിന്യേ നമ ഓം ത്രിലോകൂജിത ജഗന്മോഹിന്യേ നമ ഓം സുലഭാ നമ ഓം സുശീലായ നമ ഓം അഞ്ജനസുദാഗ്രഹപ്രദിന്യ നമ ഓം ഭക്തത്മനിവാസിന്യ നമ ഓം സന്ധ്യവന്തിന്യേ നമ ഓം സർവസമ്പത്തിരുപിണേ നമ ഓം അഭിമത ദിനണ്യ നമ ഓം ലളിത വധോധ്യേ നമ ഓം സമസ്തശാസ്ത്രവിശ്രദായ നമ ഓം സുവർണാഭരണധാരണ്യേ നമ ഓം ഇഹ പരലോകസുഖപ്രദായണ്യ നമ ഓം കരവീര നിവാസിന്യേ നമ ഓം നാഗലോകമനിഷ ആകാശ സിന്ധു കമലേശ്വര പൂരിധര ധമന ഓം ശ്രീ ശ്രീനിവാസപ്രിയായ നമ ഓം ചന്ദ്രമണ്ഡലസുതായ നമ ഓം അലവേലു മംഗായ നമ ഓം ദിവ്യമംഗളധാരണയ നമ ഓം സുഗല്നപിതായ നമ ഓം കാമകണ പുഷ്പിയ നമ ഓം കോടിമന്മഥ രുണ്യന ഓം ഭാനമദരൂപിണയെ നമ ഓം പദ്മപാദായ നമ ഓം രമാ നമ ഓം സർവലോകസന്തര നമ ഓം സർവമാനസവാസിണ്യന ഓം സർവായ നമ ഓം വിശ്വ നമ ഓം ദിവ്യജ്ഞ നമ ഓം സമംഗളരുപണേ നമ ഓം സർവാനുഗ്രഹപ്രണിണ്യ നമ ഓം ഓങ്കാരസ്വരുണേ നമ ഓം ബ്രഹ്മജ്ഞാനസംബോധായ നമ ഓം ശ്രീ പദ് നമ ഓം സംയോ വേദവത്യന ഓം ശ്രീ മഹാലേ നമ ശ്രീ പദ്മാവതി അഷ്ടോത്തരശതാമാവലി ധൂപം ദശാംഗം ഗുഗുലോപൈതം ഗോഘൃദൈന സമന്വിതം ധൂപം ഗൃഹാന ദേവേശ സർവലോകനമസ്കാര ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി നമ ധൂപം മാഗ്രാപയാമി കയ്യുടെ ആങ്ക്യം കൊണ്ട് ചന്ദനത്തിരി ത്രിലോകേശ മഹാദേവസർവ്ഞാനപ്രദയകീപം ദാസയാമി ദേശലക്ഷമാം ഭക്തവത്സല ശ്രീലക്ഷ്മി പദ്മാവതി സമേത ശ്രീ വെങ്കടേശ്വരസ്വാമി നമ ദീപം ദർശയാ കൈയ്യുടെ ആങ്ക്യം കൊണ്ട് ദീപം ഭഗവാൻ സമർപ്പിക്കുക നൈവേദ്യം സർവക്ഷിശ്ചോജ്ചിഷ്ഭിസമന്വിതം നൈവേദ്യന്തു മയാാനീതം ഗൃഹാന പുരുഷോത്തമ ശ്രീ ലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി നമഹ നൈവേദ്യം സമർപ്പയാമി താഴെ വിവരിക്കുന്ന രീതിയിൽ ഭഗവാനു നൈവേദ്യം സമർപ്പിക്കുക നേന്ത്രപ്പഴം സമർപ്പിക്കുകയാണെങ്കിൽ കദളീഫലം എന്നും തേങ്ങയാണെങ്കിൽ നാളികേരഫലം നിവേദയാമി എന്നും ശർക്കരയാണെങ്കിൽ ഗുഡോപഹാര നൈവേദ്യം സമർപ്പയാമി എന്നും പറയുക ഓം പ്രാണായസ്വാഹ ഓം അമാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം പരബ്രഹ്മണേ ഗ്ലാസിലെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടിലേക്ക് ഒഴിക്കുക ഓം ഭൂർഭുവസ്വഹ തത്സവിധൂർവരെണ്യ്യം ഭർഗോദേവധീമഹി തിയോ യോന പ്രചോദയാൻ ഓമാവോ ജ്യോതിരാബോ മൃതം ബ്രഹ്മ ഫുർ പൂവസ്വരം മധ്യേ മധ്യ പാനീയം സമർപ്പയാമി ഗ്ലാസിനെ വെള്ളത്തിൽ നിന്നും ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടിലേക്ക് ഒഴിക്കുക അമൃതാഭിദാനാമസി ഉത്തരാപോഷണം സമർപ്പയാമി ഹസ്തൗ പ്രക്ഷാളയാമി പാദവും പ്രക്ഷാളയാമി പുനരാജമനീയം സമർപ്പയാമി താമ്പൂലം ഭൂഗീഫലൈ സകർപ്പൂരി ഋണാകവല്ലി ദല്യര്യുധം മുക്താചൂർണ സമായുക്തം താമ്പൂലം പ്രതിഗൃഹ്യതാം ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിനി താമ്പൂലം സമർപ്പയാമി ഒരു വെറ്റിലയിൽ ഏതെങ്കിലും ഫലം ഭഗവാന് സമർപ്പിക്കുക നീരാഞ്ജനം ീയാഹ കാന്തായ കല്യാണ നിധയേ നിധയേർഥിനാം ശ്രീ വെങ്കട നിവാസായ ശ്രീനിവാസായ മംഗളം ശ്രീലക്ഷ്മി പത്മാവതി സമേദ ശ്രീ വെങ്കടേശ്വര സ്വാമിനി നീരാഞ്ജനം ദർശയാമി താഴെ പറയുന്ന മന്ത്രം ചൊല്ലി ഗ്ലാസിലെ വെള്ളത്തിൽ നിന്ന് ഒരു സ്പൂൺ വെള്ളം ചെറിയ തട്ടത്തിലേക്ക് ഒഴിക്കുക പുനരാചമനം സമർപ്പയാമി മന്ത്ര ഓ സഹസ്രശീർഷം ദിവം വിശ്വാക്ഷം വിശ്വശംഭു വിശ്വം നാരായണദൈവം അക്ഷരം പരമംപദം വിശ്വ പരമാനിത്യം വിശ്വം നാരായണം ഹരിം വിശ്വമേ വൈദം Padim പതിം വിശ്വാസ്വാദ്ശ്വരം ശാശ്വതം ശിവം അച്യുതം നാരായണം മഹാജ്ഞേയം വിശ്വാത്മനം പാരായണം നാരായണ പരോജ്യോതിരാത്മനാരായണ പരഹ നാരായണ പരംബ്രഹ്മം നാരായണ പരഹ നാരായണ പരോധ്യം നാരായണ പരഹയ യി ജഗത്സവം ദൃശ്യത്തെ ശ്രിയതേപി വന്ത വ്യാപ്യ നാരായണ സ്ഥിരം അനന്തമവ്യം കവിം സമുദ്രേന്ദം വിശ്വശംഭുമം പദ്ഘോഷ പ്രതികാശം ഹൃദയം ചാഭ്യദോമുഖം അധോ നിഷ്ടേ നാഭ്യമുപരി തിഷ്ടി ജ്വാലാകുലംഭാദി വിശ്വസ്വായതം മഹത് ശാന്തം ശിലാഭിസ്തു ലംബത്യാഘോഷ സിം തസ്യേ സുശിരം സൂക്ഷ്മം തന്നെ സർവം പ്രതിഷ്ഠിതം തീർച്ചയേ മഹാഗ്നിവിശ്വാർച്ചചി റിവിശ്വദോമുഖ്രഭജൻ തിഷ്ടഹാരമരഹകവിസ്ത്രയ ഘമസ്സായ്മയസ്ഥാ യം ദേഹമാപാദ തലമസ്തക തധ്യേ മഹ്നിശിഖ അനിയോർവ്യവസി നീലദോയധ മധ്യസ്ഥലേ സ്വര നിവാരഗവന്വി പീതപയുമാധ്യേ പരമാത്മാവ്യവസ്ഥ സ്രഹ്മസിവശിശേന്ദ്രസോക്ഷര പരമസ്വരാത് ഓം തദ്യു ഓം താത്മാ ഓം തത്സ്യം ഓം തത്സവം ഓം തത് പുനമ അന്ധശ്ചരദിഭൂതേഷു ഗുഹാ വിശ്വമൂർത്തിഷു ത്വ യം വഷട്ടവ്രസ്വം രുദ്രസ്വം വിഷുസ്വം ബ്രഹ്മം പ്രജാപതിരസോമൃം ബ്രഹ്മഭൂർഭസ്വരം യഥാ സങ്കര ധാഗകൾകാര പിന്ഷ പ്രജലാശിദേസ തൃണാബുജ ത്യേ മദീയ മൂർന്നലജ ഓ നിരഞ്ജന വിത്മഹേ നിരാഭാസായ ധീമഹ തന്നോ ശ്രീനിവാസ പ്രചോദയാത് ശ്രീലക്ഷ്മീപദ്മാവതിസമേത ശ്രീവെങ്കടേശരസ്വാമിന് നമ ദിവ്യമന്ത്ര പുഷ്പമർപ്പമ പ്രദക്ഷിണ നമസ്കാരം ശ്ലോകം പാപാരി ജന്മാന്തരത താങ്ക താ പ്രണശ്യാതി പ്രദക്ഷിണ പദ പദ പാപോഹം പാപകർമാഹം പാപത്മാ പാപസംഭവം ത്രാഹിമാം കൃപമയാദവരണതവത്സല അന്യഥം നമേവരണം മസ്മാ കാരുണ്യന രക്ഷരക്ഷജന ശ്രീലക്ഷ്മീപദ്മാവതി സമേത ശ്രീ വെങ്കടേശ്വരസ്വാമി നമഹ ആത്മപ്രദക്ഷി നമസ്കാരം സമർപ്പയാമി ഈ മന്ത്രം ചൊല്ലിക്കണ്ട് മൂന്ന് തവണ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക പ്രദക്ഷിണം എന്നാൽ എഴുന്നേറ്റിൽ നിന്ന് മൂന്ന് പ്രാവശ്യം തിരിയുക വിവിധോപചാരപൂജ ഛത്ര ധാരയാമി ചാമരം വീജയാമി നൃത്യം ദർശയാമി ഗീതം ശ്രാവയാമി വാദ്യം ഘോഷയാമി ആന്തോലികൻ ആരോഹയാമി അശ്വാനാരോഹയാമി ഗജാനാരോഹയാമി സമസ്ത രാജോപചാര ശക്തിപചാര യന്ത്രോപചാര ദേവോപചാര സർവോപചാര പൂജം സമർപ്പയാമി വ്രതം കഥകൾ കഥയൊന്ന് ശ്രീ ഭഗവാൻ ഉവാച ഈ കലിയുഗത്തിലെ ഒരു വിശേഷ നാളിൽ ഭഗവാൻ ശ്രീമാൻ നാരായണൻ ശ്രീ വെങ്കടേശ്വര ഭഗവാന്റെ രൂപത്തിൽ തിരുമലയിലെ വിശ്വപതി എന്ന ഒരു ഭക്തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു തിരുമലയെന്നാൽ ശ്രീമാൻ നാരായണൻ വസിക്കുന്ന വൈകുണ്ഠമായാണ് അറിയപ്പെടുന്നത് എന്നിട്ട് താഴെ വിവരിക്കുന്നത് പറയുകയുണ്ടായി കൂടാതെ ഈ വ്രതത്തിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാനും കൂടി ഉപദേശിച്ചു ഹേ എൻ്റെ പ്രിയപ്പെട്ട ഭക്ത വിശ്വപതി ഞാൻ ഒരു വിശേഷപ്പെട്ട വ്രതത്തിനെക്കുറിച്ച് നിന്നോട് പറയാം ഈ വ്രതം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതുമാണ് ഈ കലിയുഗത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തിയുടെ ഫലമാണ് ആളുകൾ അനുഭവിക്കുന്നത് എങ്കിലും വീണ്ടും ഇവർ തെറ്റുകൾ തന്നെ ചെയ്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും വീണ്ടും അനുഭവിക്കുന്നു ചില ഭക്തർ അവരുടെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒഴിഞ്ഞു മാറാനായി എന്നോട് പ്രാർത്ഥിക്കുന്നു എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് തിരുമല തിരുപ്പതിയിൽ എത്തിച്ചേരുമ്പോൾ എൻ്റെ ദർശനം ലഭിക്കുന്നു എൻ്റെ ഭക്തരെ എല്ലാവരെയും ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു വളരെ താഴ്മയായ ജീവിതം നയിക്കുന്നവരും എന്നിൽ സ്വയം സമർപ്പിക്കുന്നവരുമായ എല്ലാ ഭക്തരുടെയും മുഴുവൻ ചുമതലയും ഞാൻ ഏറ്റെടുക്കും ശ്രീ വെങ്കടേശ്വര എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന ഈ വ്രതത്തിനെക്കുറിച്ചാണ് ഞാൻ നിന്നോട് വിവരിക്കാൻ പോകുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ വ്രതം ഭക്തിയോടെ ഈ വ്രതം ചെയ്യുന്ന എല്ലാ ഭക്തർക്കും അവരുടെ എല്ലാ വിഷമതകളും ഉടനടി മാറുന്നതായി അനുഭവപ്പെടും അവരവരുടെ സൗകര്യമനുസരിച്ചും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും ഏത് സമയത്തും ഈ വ്രതം ചെയ്യാം ഈ വ്രതത്തിൻ്റെ ഫലം കൂടുതലായി അനുഭവപ്പെടുന്നത് മാർഗശീര മാഘ പഞ്ചമി പൗർണമി സപ്തമി ഏകാദശി എന്നീ ദിവസങ്ങളിലും ശ്രാവണ അല്ലെങ്കിൽ ചോദ്യ നാളുകളിലും ചെയ്യുമ്പോഴാണ് ഈ കലിയുഗത്തിലെ എൻ്റെ എല്ലാ ഭക്തരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ മുഴുവനായും മനസ്സിലാക്കുന്നു ഈ വ്രതം ചെയ്യുന്നതിലൂടെ എല്ലാ ഭക്തരും അവരുടെ ആരോഗ്യ നിന്നും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും കുടുംബ നിന്നും മുക്തി നേടും അതുപോലെ മനസമാധാനം ലഭിക്കുകയും ചെയ്യും ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഒഴിഞ്ഞു കുടുംബങ്ങളിലെ എല്ലാ വിശേഷാവസരങ്ങളിലും ഈ വ്രതം ചെയ്യാവുന്നതാണ് ഈ വ്രതം ചെയ്യുന്നത് എല്ലാ ഭക്തർക്കും അവരുടെ ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതായി അറിയാൻ സാധിക്കും ഈ വ്രതം രാവിലെയോ വൈകുന്നേരമോ ചെയ്യാം ഈ വ്രതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഞ്ച് കഥകളും വളരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വായിക്കുക ഇത് വീടുകളിലും ഭഗവാൻ്റെ ക്ഷേത്രങ്ങളിലും ശുദ്ധിയുള്ള സ്ഥലങ്ങളിലും പുണ്യ നദീതീരങ്ങളിലും ചെയ്യാവുന്നതാണ് കഴിയുന്നതും എല്ലാ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുക ഈ വ്രതത്തിൽ പങ്കുചേരുകയും വ്രതം കേൾക്കുകയും പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാ ഭക്തർക്കും അഷ്ട ഐശ്വര്യങ്ങളും ലഭിക്കും ഭൂതകാലത്തിൽ പല ശ്രേഷ്ഠ മുനിമാരും ഈ വ്രതം ചെയ്ത് എൻ്റെ അനുഗ്രഹം മുഴുവനായി ലഭിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ ഭക്തർക്കും ഈ വ്രതം സന്തോഷം പ്രദാനം ചെയ്യും ഈ വ്രതം ചെയ്യുന്നത് എൻ്റെ എല്ലാ ഭക്തർക്കും വളരെ പ്രയോജനം ലഭിക്കും ഈ വ്രതം വളരെ എളുപ്പം ചെയ്യാം ഈ കലിയുഗത്തിൽ എൻ്റെ ഭക്തർ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു വളരെ വലിയ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും വഴി നല്ല ഫലങ്ങൾ വളരെ പതുക്കെ മാത്രമേ സാധ്യമാകൂ എന്നാൽ ഈ വ്രതം ചെയ്യുന്നത് വഴി നല്ല ഫലങ്ങൾ വളരെ എളുപ്പം സാധ്യമാകും ആദ്യം വളരെ പവിത്രവും ശുദ്ധവുമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അവിടെ ഒരു മണ്ഡപമുണ്ടാക്കി എൻ്റെ ഒരു ചിത്രം അതിനുള്ളിൽ വയ്ക്കുക എൻ്റെ ഭാര്യമാരായ ഭൂദേവിയോടും ശ്രീദേവിയോടും ചേർന്നുള്ള വിഗ്രഹങ്ങളോ ചിത്രമോ ആണെങ്കിൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു ദൈവങ്ങളുടെയും ചിത്രങ്ങൾ സ്ഥാപിക്കാം ആദ്യം അഷ്ടദിക് മാലകന്മാരെ നമസ്കരിക്കുക അതിനുശേഷം ആദ്യം വിനായക പൂജ ചെയ്യുക പിന്നീട് ഭക്തിയോടെ അഞ്ച് കഥകളും വായിക്കുക ഈ വ്രതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഞ്ച് കഥകളിൽ ആദ്യത്തെ കഥയാണിത് ശേഷമുള്ള നാല് കഥകളും വിവരിച്ചിട്ടുള്ളത് മഹാമുനിമാരായ വിശ്വാമിത്രൻ വസിഷ്ഠൻ ഭരദ്വാജൻ അത്രി എന്നിവരാണ് ഓരോ കഥ വായിച്ചു കഴിയുമ്പോഴും ഭഗവാന്റെ തിരുനാമം ഗോവിന്ദാ ഗോവിന്ദാ ഗോവിന്ദ എന്ന മൂന്ന് പ്രാവശ്യം പ്രാർത്ഥനയായി ചൊല്ലുക ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ ഇനി മേൽ പറഞ്ഞതുപോലെ സമയക്കുറവോ മറ്റ് ബുദ്ധിമുട്ടുകൾ മൂലമോ ഈ വ്രതം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആർക്കും തനിച്ചിരുന്ന് വേണമെങ്കിൽ വ്രതം ചെയ്യാം ആദ്യം എൻ്റെ ചിത്രത്തിൻ്റെ മുൻപിലിരുന്ന് മനസ്സിൽ വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക പിന്നീട് അഷ്ടദിക് പാലകരെയും നവഗ്രഹങ്ങളെയും മനസ്സിൽ നമസ്കരിക്കുക ഒരു പാത്രത്തിൽ കുറച്ച് തുളസിയില നാളികേരങ്ങൾ പൂക്കൾ പഴവർഗ്ഗങ്ങൾ എന്നിവ നിരത്തുക അതിനുശേഷം എന്നെ നമസ്കരിച്ച് വ്രതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കഥകളും വായിക്കുക അവസാനം ാനം നൈവേദ്യമായി ഈ പൂക്കളും നാളികേരങ്ങളും പഴവർഗ്ഗങ്ങളും എനിക്ക് സമർപ്പിക്കുക ഈ പ്രസാദം നൈവേദ്യമായി എനിക്ക് സമർപ്പിച്ചത് കഴിക്കുക വഴി എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകും ഭക്തിയോടും ആത്മാർത്ഥയോടും കൂടി ഈ വ്രതം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ച് പ്രസാദം സ്വീകരിക്കും എല്ലാവരിലും ഞാൻ എൻ്റെ അനുഗ്രഹം ചൊരിയും തിരുമല തിരുപ്പതിയിലെ തിമ്മരാജ വിശ്വപതി രാമകൃഷ്ണമൂർത്തി അഥവാ വിശ്വപതി എന്ന നാമധേയമുള്ള ഒരു ഭക്തന് ഭഗവാൻ നേരിട്ട് നൽകിയതാണ് ഈ വ്രതം ചെയ്യേണ്ട രീതി നമ്മളെല്ലാവരും ഈ വ്രതം ചെയ്ത് വെങ്കടേശ്വര ഭഗവാൻ്റെ അനുഗ്രഹം ഗോവിന്ദാ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ശ്രീയാഹകാന്തായ കല്യാണനിധയേ നിധയേഥിനാം ശ്രീ വെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം ആദ്യ കഥയുടെ സമാപ്തം കഥ ശ്രീ വിശ്വാമിത്ര ഉവാച മുനി ശ്രേഷ്ഠനായ ശ്രീ വിശ്വാമിത്രൻ അനുഗ്രഹിച്ചു പറഞ്ഞ കഥയാണ് താഴെ വിവരിക്കുന്നത് ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന മഹാജനങ്ങളെ ശ്രീനിവാസ ഭഗവാൻ്റെ ഭക്തന്മാരെ നിങ്ങൾ ചെയ്യുന്ന ഈ വെങ്കടേശ്വ്രതം വളരെ പുണ്യമുള്ളതാകുന്നു ഇത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് ഭഗവാൻ ശ്രീമാൻ നാരായണൻ്റെ കരുണാകടാക്ഷം ലഭി ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഈ വ്രതം ചെയ്യുക എന്നതാണ് കഴിഞ്ഞ കാലത്തിൽ ഭഗവാന്റെ ഭക്തന്മാർ ഈ വ്രതം അനുഷ്ഠിച്ചതിലൂടെയാണ് അവരുടെ ആഗ്രഹങ്ങൾ പലീകരിച്ചിരുന്നത് ആദ്യമായി ഈ വ്രതം മനുഷ്യരാശിക്കും മറ്റു ദൈവങ്ങൾക്കുമായി അനുഗ്രഹിച്ചു പറഞ്ഞു തന്ന ഭഗവാൻ ശ്രീ നമസ്കരിക്കണം വർഷങ്ങൾക്ക് മുൻപ് മകതരാജ്യത്തിൽ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ഒരു പ്രിയ ഭക്തൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണുചിത്തനെന്നായിരുന്നു അദ്ദേഹത്തിന് ഒൻപത് പെൺമക്കൾ ഉണ്ടായിരുന്നു വിദ്യാസമ്പന്നനായിരുന്നെങ്കിലും അദ്ദേഹം ദാരിദ്ര്യ ദുഃഖത്താൽ വിഷമിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ താരാമതി ശ്രീമാൻ നാരായണന്റെ തൃപാദത്തിങ്കിൽ എല്ലാം സമർപ്പിച്ച് വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ചിരുന്നു മറ്റു വീടുകളിലെ വിശേഷാവസരങ്ങളിൽ പൂജ ചെയ്യുന്നത് ലഭിച്ചിരുന്ന വളരെ തുച്ഛമായ വരുമാനത്തിലാണ് ഈ ദമ്പതികൾ ജീവിച്ചിരുന്നത് താരാമതി തൻ്റെ മകളുടെ വിവാഹത്തെ ചൊല്ലി വളരെ വ്യാകുലപ്പെട്ടിരുന്നു ഇതിനായി അവർ എന്നും ഭഗവാൻ ശ്രീനിവാസനോട് പ്രാർത്ഥിച്ചിരുന്നു ഹേയ് ശ്രീനിവാസഭക്തന്മാരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ ഭഗവാൻ വെങ്കടേശ്വരൻ എല്ലാം അടിയറവെച്ച് ഭക്തിയോടെ ജീവിക്കുന്നവരെ അദ്ദേഹം അകമഴിഞ്ഞ് സ്നേഹിക്കുകയും സംരക്ഷുകയും ചെയ്യുമെന്നുള്ളത് അന്ന് മാഘപൗർണമി ആയിരുന്നു അതിരാവിലെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വിഷ്ണുചിത്തൻ്റെ വീട്ടുപടിക്കൽ മുട്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ വംഗദേശത്തിൽ നിന്ന് വരികയാണ് ഞാനൊരു യാഗം ചെയ്യാൻ പോകുന്ന വഴിയാണ് ഈ രാത്രിയിൽ ഇവിടെ തങ്ങാൻ ദയമായി എന്നെ അനുവദിക്കണം നാളെ രാവിലെ ഞാൻ യാഗസ്ഥലത്തേക്ക് പോയ്ക്കൊള്ളാം ഇത് കേട്ടപ്പോൾ വിഷ്ണുചിത്തൻ വിനയാനിതനായി ഇങ്ങനെ മറുപടി പറഞ്ഞു സ്വാമി ഇത് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് മഹത് വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിഥികൾ ഭഗവാൻ ശ്രീമാൻ നാരായണ തുല്യരാണെന്നുള്ളത് അതിനാൽ അങ്ങ് സംശയത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ഇവിടെ താമസിച്ചാലും ഇതും പറഞ്ഞ് വിഷ്ണുചിത്തൻ ആ വൃദ്ധ ബ്രാഹ്മണനെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു അന്ന് ഉച്ചയൂണ്ണിന് ശേഷം ആ വൃദ്ധ ബ്രാഹ്മണൻ താരാമതിയോട് ചോദിച്ചു അമ്മേ എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിഷമത്തിൻ്റെ കാരണം എന്താണ് എന്താണെങ്കിലും എന്നോട് മടി കൂടാതെ പറയൂ സ്വാമി അങ്ങേക്ക് ചുറ്റുമുള്ള പ്രഭാവലയം ശ്രീ വെങ്കടേശ്വര സ്വാമിയെ ഓർമ്മിപ്പിക്കുന്നു എനിക്ക് ഒളിച്ചു ഒന്നും തന്നെയില്ല എൻ്റെ മകളുടെ വിവാഹത്തെ ചൊല്ലിയാണ് എൻ്റെ വിഷമം മുഴുവനും ഇത് കേട്ട് ഒരു ചെറു മന്ദഹാസത്തോടെ ആ വൃദ്ധബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു അമ്മേ ഞാൻ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നു നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അകറ്റി മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി വളരെ മനോഹരമായ ഒരു വ്രതത്തെപ്പറ്റി നിങ്ങളോട് ഞാൻ പറയാം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണവും സമ്പന്നവും ഭാഗ്യം നിറഞ്ഞതും ആയിത്തീരും ഈ വ്രതം അനുഷ്ഠിക്കാൻ വളരെ എളുപ്പമാണ് അദ്ദേഹം ഉടൻ തന്നെ വിഷ്ണുചിത്തനോട് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു കേട്ടയുടൻ വിഷ്ണുചിത്തൻ ഈ വ്രതം ചെയ്യാമെന്ന് സമ്മതിച്ചു വിഷ്ണുചിത്തൻ സന്തോഷത്തോടെ ആ ബ്രാഹ്മണനോട് തൻ്റെ നന്ദി അറിയിച്ചു ഈ വ്രതത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് തൻ്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു വിഷ്ണുചിത്തൻ ഈ പുണ്യകർമ്മം ഒട്ടും വൈകാതെ ചെയ്യാൻ തീരുമാനിച്ചു അന്ന് മാഘപൗർണമി ആയതിനാൽ അന്ന് തന്നെ ഈ വെങ്കടേശ്വ്രതം അനുഷ്ഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അന്ന് വൈകുന്നേരം ആ ദമ്പതികൾ തങ്ങളുടെ മക്കളടുത്ത് ഈ വ്രതം അനുഷ്ഠിച്ചു അവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ച് ഭക്തിയോടെ അവ വ്രതം ചെയ്തു വ്രതത്തിനു ശേഷം പ്രസാദം സ്വീകരിച്ച് അതിഥികളെല്ലാം അവരവരുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി വിഷ്ണുചിത്തനും ഭാര്യയും വൃദ്ധ ബ്രാഹ്മണൻ്റെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിൻ്റെ കാലുകൾ തൊട്ട് പ്രസാദം സ്വീകരിച്ചതിനു ശേഷം ആ ദമ്പതികളെ അനുഗ്രഹിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും നിങ്ങളിൽ ശ്രീലക്ഷ്മി ശ്രീനിവാസന്റെ കൃപാ കടാക്ഷം ഉണ്ടാകുന്നതായിരിക്കും രാത്രിയായി എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയവുമായി അപ്പോൾ നിറകണ്ണുകളോടെ വിഷ്ണുചിത്തൻ പഴകി കീറിയ പുതപ്പുമായി ആ ബ്രാഹ്മണനെ സമീപിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ് ഈ കീറിയ പുതപ്പല്ലാതെ അങ്ങേക്ക് തരുവാൻ മറ്റൊന്നും തന്നെ ഞങ്ങൾക്കില്ല ദയവായി ഞങ്ങളോട് ക്ഷമിച്ച് ഇത് സ്വീകരിച്ചാലും ബ്രാഹ്മണൻ പുഞ്ചിരിയോടെ ആ പുതപ്പ് സ്വീകരിച്ച് ഒട്ടും വിഷമിക്കേണ്ടതില്ലെന്ന് വിഷ്ണുചിത്തനോട് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പുതപ്പമായി വരാന്തയിലേക്ക് ഉറങ്ങാൻ പോയി അർദ്ധരാത്രിയോടെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ പെയ്തു തുടങ്ങി ബ്രാഹ്മണനെ ഓർത്ത് വിഷ്ണുചിത്തൻ വ്യാകുരനായി സൂര്യോദയത്തിനായി അദ്ദേഹം കാത്തിരുന്നു രാത്രി മുഴുവൻ ആ കുടുംബാംഗങ്ങൾ ബ്രാഹ്മണനെ ഓർത്ത് വിഷമിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ മഴ തോർന്നു ബ്രാഹ്മണനെ നോക്കുവാനായി അവർ എല്ലാവരും പുറത്തു വന്നപ്പോൾ കണ്ടത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ബ്രാഹ്മണനെ അവിടെ കണ്ടില്ല പക്ഷേ കീറിയ പുതപ്പിന് പകരം ഒരു പീതാംബരപ്പട്ട് കാണാൻ കഴിഞ്ഞു ആ പട്ടിൽ ഭഗവാൻ വെങ്കടേശ്വരൻ്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു അവർക്ക് അപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് അവരുടെ സന്തോഷത്തിന് അതിഥികളില്ലായിരുന്നു അതിഥിയായി അവരുടെ മുന്നിൽ വന്നത് ഭഗവാൻ ശ്രീമാൻ നാരായണൻ തന്നെയായിരുന്നു ഹോ എന്തൊരു ഭാഗ്യം നമ്മുടെ മുൻജന്മ സുഹൃത ഫലമാണിത് പക്ഷേ നമ്മൾക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ ഭഗവാന് കീറിയ പുതപ്പ് കൊടുത്തതിൽ അവർ വളരെയധികം വിഷമിച്ചു അവർ വെങ്കടേശ്വ വിഗ്രഹം പ്രാർത്ഥനയോടെ കൈകളിലെടുത്ത് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി അവരുടെ ഗൃഹം സ്വർണമയമായി അവർക്ക് വീട് മുഴുവനും ധനവും സ്വർണവും കാണുവാൻ കഴിഞ്ഞു അവർ അത്ഭുത പരവശരായി ഭഗവാനെ പ്രകീർത്തിക്കാൻ തുടങ്ങി ശ്രീ വെങ്കടേശ്വ്രതം അനുഷ്ഠിച്ചതിനാലാണ് ഈ ഭാഗ്യം കൈവന്നതെന്നവർക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ അനുഗ്രഹമാണ് അതിഥിയുടെ രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് ആ ഭക്തൻ്റെ വീട്ടിൽ ചെന്നത് ഭഗവാൻ സ്വയം അവർക്ക് വ്രതത്തെക്കുറിച്ച് പറയുക കൂടാതെ പ്രസാദം സ്വീകരിക്കുകയും ചെയ്തു ഭഗവാൻ കരുണക്കടലാണ് ഭക്തിയോടും വിശ്വാസത്തോടെയും ഈ വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ഗ്രഹങ്ങൾ അദ്ദേഹം സന്ദർശിക്കും അതിനാൽ എല്ലാവരും ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം നേടുക ശ്രീലക്ഷ്മി ശ്രീനിവാസ കടാക്ഷ സിത്തിരസ്തു നിങ്ങൾക്ക് ഭഗവാൻ ശ്രീലക്ഷ്മി ശ്രീനിവാസൻ്റെ അനുഗ്രഹ കടാക്ഷം ലഭിക്കും ഇങ്ങനെയാണ് മുനിശ്രേഷ്ഠനായി വിശ്വാമിത്രൻ ഈ കഥ വിവരിച്ചത് ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ശ്രീയാഹകാന്തായ കല്യാണനിധയേ നിധയേർഥിനാം ശ്രീ വെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം കഥ രണ്ട് സമാപ്തം കഥ മൂന്ന് ശ്രീ വസിഷ്ഠ ഉവാച ഭഗവാൻ ശ്രീമാൻ നാരായണൻ്റെ അനുഗ്രഹത്താൽ മുനിശ്രേഷ്ഠനയ വസിഷ്ഠ മഹർഷി പറഞ്ഞതാണ് ഈ കഥ കലിയുഗത്തിലെ ജനങ്ങളെ ശ്രീനിവാസ ഭക്തന്മാരെ വൈകുണ്ഠനാഥനായ ഭഗവാൻ ശ്രീമാൻ നാരായൺ തന്നെയാണ് തിരുമല തിരുപ്പതിയിൽ കൊടികൊള്ളുന്ന ഭഗവാൻ ശ്രീ വെങ്കടേശ്വരൻ തൻ്റെ ഭക്തരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റുവാനാണ് ഭഗവാൻ തിരുമലയിൽ അവതരിച്ചിരിക്കുന്നത് ഭഗവാന്റെ പ്രീതി സമ്പാദിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാവിധ ഐശ്വര്യവും ലഭിക്കും വർഷങ്ങൾക്ക് മുമ്പ് അവന്തി മഹാരാജ്യത്തിൽ ഭാഗ്യനഗരം എന്നൊരു നഗരമുണ്ടായിരുന്നു പേരുപോലെ തന്നെ ഈ നഗരത്തിലെ എല്ലാ ആളുകളും സമ്പന്നരായിരുന്നു എല്ലാവരും അവരുടെ ഈ സമ്പന്നതിൽ അഹങ്കാരം കൊണ്ടിരുന്നു സാധുക്കളോട് അവർ അവജ്ഞയോടെയാണ് പെരുമാറിയിരുന്നത് ഈ സമ്പത്തെല്ലാം അവരുടെ മഹാത്മ്യം കൊണ്ടാണെന്ന് വിചാരിച്ച് ഭഗവാനെ പൂജിക്കുന്നത് നിർത്തി വിശേഷാവസരങ്ങൾ കൂടി അവർ ക്ഷേത്രങ്ങളിൽ പോകാതെയായി ശ്രീമാൻ നാരായണൻ അവരുടെ കണ്ണുകൾ തുറപ്പിച്ച് അവരെ നീർവഴിക്ക് നയിക്കാൻ തീരുമാനിച്ചു ഇതുവഴി അവർക്ക് ദിവ്യജ്ഞാനവും ലഭിച്ചു നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഒരു ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രമുണ്ടായിരുന്നു അന്ന് വിശേഷപ്പെട്ട ഏകാദശി മാസത്തിലെ പതിനൊന്നാം ദിവസം നാളായിട്ട് കൂടി ആരും തന്നെ ക്ഷേത്രത്തിൽ വിളക്കുകൾ കത്തിച്ചില്ല കാരണം എല്ലാ സമ്പന്നരായ ആളുകളും അവരുടെ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹങ്ങളെ അലങ്കരിക്കുവാനോ പൂജ ചെയ്യാനോ ആരും അവരെ ഒരു പാഠം പഠിപ്പിക്കുവാനായി ഭഗവാൻ തീരുമാനിച്ചു അന്ന് വൈകുന്നേരം അപ്രതീക്ഷിതമായി ഇടിയോടുകൂടി മഴ തകർത്തു പെയ്തു തുടങ്ങി ആകാശം മേഘാവൃതമായി നഗരം മുഴുവൻ ഇരുട്ടിലുമായി രാത്രി മുഴുവൻ പെരുമഴയായിരുന്നു ശക്തമായ മഴയെ തുടർന്ന് ആ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും വീടുകളെല്ലാം തകർന്നു ചെയ്തു എല്ലാ സമ്പനുടേയും വീടുകൾ നശിക്കുകയും സമ്പത്തെല്ലാം ഒലിച്ചുപോകുകയും ചെയ്തു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു ഈ നഷ്ടങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലും അങ്ങനെ ഇരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കണ്ടു നഗരാതിർത്തിയിലെ കുറച്ച് കുടിലുകൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല കനത്ത കാറ്റും മഴയും ഈ കുടിലുകളെ തീരെ ബാധിച്ചിരുന്നില്ല അവർ തികച്ചും സുരക്ഷിതനായിരുന്നു സമ്പന്നരായ ആളുകൾ ഇത് കണ്ട് അന്താളിച്ചു നിന്നു ആ നിമിഷം ആകാശത്ത് ഒരു വലിയ മിന്നൽപ്പിണറുണ്ടായി കൂടാതെ ഒരു അശരീരിയുമുണ്ടായി വിദ്ധികളായ മനുഷ്യരെ നിങ്ങളുടെ മഹത്വം കൊണ്ടാണ് ഈ സമ്പത്തെല്ലാം ഉണ്ടായതെന്നോർത്ത് അഹങ്കരിച്ചതിനാലാണ് ഈ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായത് ആ കുടിലുകളിൽ ഒന്നിൽ താമസിക്കുന്ന ദേവയ്യ എൻ്റെ പ്രിയ ഭക്തനാണ് അയാൾ പാവപ്പെട്ടവനും സാധാരണക്കാരനുമാണ് എന്നാലും അയാൾ ശ്രീലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിളക്കുകൾ കത്തിക്കുമായിരുന്നു കൂടാതെ എല്ലാ ഏകാദശി നാളിലും വെങ്കടേശ വ്രതവും അനുഷ്ഠിച്ചു പോന്നിരുന്നു അതിനാലാണ് ദേവയ്യ ആ കുഴലുകളിൽ താമസിച്ചിരുന്ന എല്ലാ ആളുകളുടെയും ജീവൻ സംരക്ഷിക്കപ്പെട്ടത് നിങ്ങളെല്ലാവരും ഭക്തിയോടെ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട എല്ലാ സമ്പത്തും തിരികെ ലഭിക്കും ഈ വാക്കുകൾ ശ്രവിച്ച എല്ലാ ആളുകളും ഉടനടി വ്രതത്തിനാവശ്യമുള്ള സാധനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചു വ്രതം കഴിഞ്ഞയുടെ നഷ്ടപ്പെട്ടു പോയ അവരുടെ വീടുകൾ വീണ്ടും യഥാസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടു അന്ന് മുതൽ എല്ലാ സമ്പന്നരും ഏകാദശി നാളുകളിൽ ശ്രീ വെങ്കടേശ് വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി അവരുടെ ജീവിതം മുഴുവൻ സന്തോഷപ്രദവും ഐശ്വര്യപൂർണവുമായി തീർന്നു അവസാനം മുക്തിയും ലഭിച്ചു ഇങ്ങനെയാണ് മുനിശേഷ്ണയ വസിഷ്ഠൻ കഥ വിവരിച്ചിരിക്കുന്നത് ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ശ്രീയാഹകാന്തായ കല്യാണ നിധയേർ ശ്രീ വെങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം കഥ മൂന്ന് സമാപ്തം കഥ നാല് ശ്രീഭരദ്വാജ ഉവാച ശ്രീ വെങ്കടേശ്വര വ്രതത്തിലെ നാലാം കഥ മഹാമുനി ശ്രീ ഭരദ്വാജ ആണ് വിവരിച്ചിരിക്കുന്നത് ഹേ കലിയുഗത്തിലെ ജനങ്ങളെ ഭഗവാൻ ശ്രീമാൻ നാരായണൻ്റെ പ്രിയഭക്തന്മാരെ നിങ്ങൾ അനുഷ്ഠിച്ചു പോരുന്ന ഈ വെങ്കടേശ്വ്രതം അത്ഭുതം ഉളവാക്കുന്നതാണ് ഇത് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള ഏക മാർഗം ഭഗവാനെ പ്രീതിപ്പെടുത്താനും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനുമുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണിത് ഭഗവാൻ തന്നെയാണ് ഈ കലിയുഗത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാനായി തിരുമലയിൽ അവതരിച്ചിരിക്കുന്നത് മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമേ നമുക്ക് തിരുമലയിൽ പോകുവാനും ഭഗവാനെ ദർശിക്കുവാനും സാധിക്കുകയുള്ളൂ ഇതുപോലെ മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമേ ശ്രീ വെങ്കടേശ് അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വ്രതം അനുഷ്ഠിക്കുന്നവരും ഇതിൽ പങ്കു ും പ്രസാദം സ്വീകരിക്കുന്നവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കും ഇവർ വളരെ ഭാഗ്യമുള്ളവരുമാണ് പുരാതന കാലത്ത് നഗരി എന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ ധനഗുപ്ത എന്ന പേരുള്ള ഒരു വ്യാപാരി ജീവിച്ചിരുന്നു അയാൾ ഒരു പിശുക്കനായിരുന്നു ധാരാളം ധനം സമ്പാദിച്ചിരുന്നെങ്കിലും അയാളുടെ പിശുക്കിന് ഒരു കുറവുമില്ലായിരുന്നു ഈ സമ്പത്തെല്ലാം അയാളുടെ മഹത്വം കൊണ്ട് ഉണ്ടായതാണെന്ന് അയാൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു മഹത് വ്യക്തികളുടെ പോലും പതനത്തിന് അഹങ്കാരം ഒരു കാരണമാകും ധനഗുപ്തന്റെ ഭാര്യ കാന്തിമതി ഭഗവാനിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു ഈ ദമ്പതികൾക്ക് മൂന്ന് പെൺമക്കളായിരുന്നു ഏറ്റവും ഇളയമകൾ കുമാരിയും ഒരു വലിയ ഭക്തയായിരുന്നു അവൾ എപ്പോഴും ഭഗവാൻ ശ്രീനിവാസനോട് പ്രാർത്ഥിക്കുമായിരുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം അച്ഛൻ അറിയാതെ അവൾ ശ്രീ വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കാൻ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന പ്രസാദം അവളുടെ അച്ഛനൊഴികെ ബാക്കി എല്ലാവരും കഴിക്കുമായിരുന്നു കാന്തിയമതി അവരുടെ ഭർത്താവിൻ്റെ ഈ സ്വഭാവത്തിൽ അതീവ ഒരു ദിവസം കുമാരി അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ ശ്രീ വെങ്കടേശ്വര വ്രതത്തിൽ പങ്കെടുക്കുവാനും കഥകൾ കേൾക്കുവാനുമായി പോയി ഉച്ചയോടെ വ്രതം സമാപിച്ചു അവിടെ നിന്ന് അവൾ കുറച്ച് പ്രസാദം കഴിക്കുകയും ബാക്കി വീട്ടിലേക്ക് കൊണ്ട് വരികയും ചെയ്തു പകുതി വഴിയായപ്പോൾ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് അവൾക്ക് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു അച്ഛൻ്റെ വ്യാപാര സ്ഥാപനം അടുത്തായതിനാൽ അവൾ വെള്ളം കുടിക്കാൻ അവിടേക്ക് പോയി പക്ഷെ അച്ഛനോട് വ്രതത്തിനെ ഒന്നും തന്നെ പറഞ്ഞില്ല അച്ഛൻ്റെ പ്രതികരണം ഓർത്തപ്പോൾ അവൾക്ക് പറയാൻ ഭയം തോന്നി പ്രസാദം അവിടെ വെച്ചു മറന്ന് അവൾ വീട്ടിലേക്ക് പോയി ഇതിനിടയിൽ ആ തെരുവിൽ ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ടു ആളുകൾ തലങ്ങും വിലങ്ങും കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു ഉച്ച ആയതിനാൽ ചൂടിൻ്റെ കൊണ്ട് തീ ആളിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഭയപ്പെട്ട ധനഗുപ്തയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി തൻ്റെ വ്യാപാര സ്ഥാപനം കൺമുമ്പിൽ വെച്ച് കത്തി ചാമ്പലാകുമെന്നോർത്തപ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി സ്ഥാപനത്തിലെ ആളുകളെല്ലാം പുറത്തേക്ക് ഓടി പക്ഷേ ധനഗുപ്തയുടെ മനസ്സ് അനുവദിക്കാതിരുന്നതിനാൽ അയാൾക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയില്ല എന്നാൽ പോകാതിരുന്നാലോ ആ തീയിൽപ്പെട്ടി ആ തീയിൽപ്പെട്ട് കത്തി ചാപലാകുകയും ചെയ്യും ഇതിനിടയിൽ മകൾ മറന്നു വെച്ച് അയാൾ തൊടുകയും മറ്റൊന്നും ചിന്തിക്കാതെ അയാളത് കഴിക്കുകയും ചെയ്തു ആ പ്രസാദത്തിൻ്റെ മാധുര്യം അയാൾ അനുഭവിച്ചറിഞ്ഞു അത് മാത്രമല്ല മനസ്സിൽ ഒരു ശാന്തത അനുഭവപ്പെടുകയും ചെയ്തു ആ നിമിഷം ഒരു അത്ഭുതകരമായ സംഭവമുണ്ടായി ധനഗുപ്തയുടെ സ്ഥാപനത്തിൻ്റെ അരികിലെത്തിയപ്പോൾ തീയണഞ്ഞു ഒരു തീപ്പരി പോലും അയാളുടെ സ്ഥാപനത്തിലേക്ക് വീണില്ല എന്തൊരത്ഭുതം ധനഗുപ്ത ഒരു വാക്കുപോലും ഉരിയാടാനാകാതെ സ്തപ്തനായി നിന്നു തെരുവിലെ കടകളെല്ലാം തീയിൽപ്പെട്ട് ചാമ്പലാകുന്ന വിവരം ഇതിനിടയിൽ ധനഗുപ്തയുടെ ഭാര്യ കാന്തിയമതി അറിയാനിടയായി ഇത് കേട്ട് അവർ പരിഭ്രമിച്ചു അവർ ഭഗവാൻ ശ്രീനിവാസനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മകളോടുകൂടി സംഭവസ്ഥലത്തേക്ക് ഓടിച്ചെന്നു അവരുടെ സ്ഥാപനത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നും തീ സ്ഥാപനത്തിന് തൊട്ട് മുൻപിൽ വെച്ച് അണുചിതമായ കാഴ്ചയാണ് അവർ കണ്ടത് അപ്പോഴാണ് കുമാരിക്ക് താൻ പ്രസാദം അച്ഛൻ്റെ സ്ഥാപനത്തിൽ മറന്നു വെച്ച കാര്യം ഓർമ്മയിൽ വന്നത് അപ്പോൾ തന്നെ ധനഗുപ്തയ്ക്കും താൻ പ്രസാദം കഴിച്ച കാര്യം ഓർമ്മ വന്നു കുമാരി അവൾ പങ്കെടുത്ത വെങ്കടേശ്വ്രതത്തിനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞു ധനഗുപ്തയ്ക്ക് താൻ കഴിച്ച പ്രസാദത്തിൻ്റെ മഹത്വവും ഭഗവാന്റെ അകമഴഞ്ഞ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ വലിയ ആപത്തിൽ നിന്നും താൻ രക്ഷപ്പെട്ടത് മനസ്സിലായി അയാൾ ഭഗവാന്റെ ക്ഷമാർപ്പണം നടത്തി അന്ന് വൈകുന്നേരം ധനഗുപ്ത ഗ്രാമത്തിലെ എല്ലാ ആളുകളെയും തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിക്കുകയും ശ്രീ വെങ്കടേശ് വ്രതം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുകയും ചെയ്തു അന്നു മുതൽ തൻ്റെ ജീവിതം മുഴുവൻ ശ്രീ വെങ്കടേശ്വര ഭഗവാനായി ഒഴിഞ്ഞു അവസാനം അയാൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്തു ഭഗവാൻ്റെ പ്രസാദം കഴിച്ചതുകൊണ്ട് മാത്രം ധനഗുപ്ത ആപത്തിൽ നിന്നും മുക്തനായി എന്നത് അതിശയകരമായ കാര്യം തന്നെ ഭഗവാൻ ശ്രീനിവാസൻ്റെ അനുഗ്രഹത്തിനായി അവസരം കിട്ടുമ്പോഴെല്ലാം എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കണം ഗോവി ഗോവിന്ദ ശ്രീയാഹ കയ കളയാണനിധയനിധയം ശ്രീ വെങ്കടനിവാസായവാസ മംഗളം കഥനാല് സമാ കഥ അഞ്ച് ശ്രീ അത്രി ഉച്ചച മഹത് വ്യക്തികൾ പ്രവചിച്ചതുപോലെ ഭൂലോക വൈകുണ്ഠമാണ് തിരുമല തിരുപ്പതി ഇതുപോലെ പുണ്യമുള്ള വേറെ ഒരു സ്ഥലവുമില്ല ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ഭഗവാൻ വെങ്കടേശ്വര മറ്റൊരു ഈശ്വരനുമില്ല ശ്രീനിവാസനായി ശ്രീമാൻ നാരായണ ഭഗവാൻ ഭക്തവത്സരനാണ് ഭഗവാന്റെ ഭക്ത വാത്സല്യം വിവരണാതീതമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഭഗവാനെ പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തന്മാരെയും ഭഗവാൻ എപ്പോഴും സംരക്ഷിക്കും ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമാർഗം ശ്രീ വെങ്കടേശ്വ്രതം അനുഷ്ഠിക്കുക എന്നതാണ് വെങ്കടേശ്വ്രതത്തിലെ അഞ്ചാമത്തെ കഥ മുനിശേഷനായി ശ്രീ അത്രയാണ് വിവരിച്ചിരിക്കുന്നത് ഏഹ് ഹേയ് ശ്രീനിവാസ ഭക്തന്മാരെ നിങ്ങൾ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് വിവരിക്കാൻ പ്രയാസമാണ് കൃത ത്രേത ദ്വാപരയുഗങ്ങളിൽ എത്ര ഭക്തിയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിച്ചാലും ശ്രീമാൻ നാരായണനെ പ്രീതിപ്പെടുത്താൻ വളരെ പ്രയാസമായിരുന്നു പക്ഷേ ഈ കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ മാത്രം മതി ഭഗവാന്റെ പ്രീതി നേടാൻ ഭഗവാനിൽ പൂർണമായി സമർപ്പിച്ചാൽ ആ നിമിഷം ഭഗവാൻ അവിടെ ഉണ്ടാകും ഭഗവാൻ ശ്രീനിവാസൻ കരുണക്കടലാണ് തിരുമല മുഴുവൻ ഭഗവാന്റെ ദിവ്യത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തിരുമലയിൽ നമ്മൾ വെക്കുന്ന ഓരോ കാൽ മുജ്ജന്മ സുഹൃതഫലമാണ് പുരാതന കാലത്തിൽ കൗമാര മഹാരാജത്ത് മിത്രയെന്ന പേരുള്ള ഒരു അലക്കുകാരൻ ജീവിച്ചിരുന്നു വികലാംഗ നയനിൽ വസ്ത്രങ്ങൾ അലക്കുവാനും അത് തിരികെ ആൾക്കാർക്ക് എത്തിക്കുവാനും അയാൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു അയാളായിരുന്നു ആ മല്യ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഭഗവാൻ ശ്രീനിവാസൻ്റെ ഉത്തമ ഭക്തനായിരുന്നു മിത്ര ഭഗവാൻ ശ്രീനിവാസൻ്റെ കരുണാകടാശം തനിക്ക് ലഭിക്കുമെന്ന് മിത്ര അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഭഗവാൻ ശ്രീനിവാസൻ എല്ലാം കാണുന്നുണ്ട് കർമ്മങ്ങൾക്കൊടുവിൽ ശ്രീനിവാസ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കും സാധാരണ പോലെ അന്ന് വൈകുന്നേരവും മിത്ര തുണിക്കെട്ടുകളുമായി തൻ്റെ ജോലിസ്ഥലത്തു നിന്ന് വരികയായിരുന്നു അയാൾ വളരെ ക്ഷീണതനായിരുന്നു വരുന്ന വഴിയിൽ ഒരു വൃദ്ധ ബ്രാഹ്മണനെ കാണാനിടയായി ബ്രാഹ്മണനെ കണ്ടപ്പോൾ തൻ്റെ തുണിക്കെട്ട് താഴെ വച്ച് മിത്ര വിനയാനായി തൊഴുതു വീരാങ്കനായ മിത്രയുടെ കഷ്ടപ്പാട് കണ്ട് ബ്രാഹ്മണൻ ദയാപൂർവം ചോദിച്ചു നീ വളരെ കഷ്ടപ്പെടുന്നുണ്ട് മിത്ര വിനയാനായി മറുപടി പറഞ്ഞു സ്വാമി അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നില്ല എങ്കിലും അങ്ങയിലൊരു ദിവ്യത്തെ ഞാൻ കാണുന്നു എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവൻ എന്നിലാണ് അതിൽ നിന്നും എനിക്ക് മുക്തിയുമില്ല ദയവായി എൻ്റെ വികലാംഗത്വത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുവാൻ ഒരു മാർഗമങ്ങ് പറഞ്ഞു തന്നാലും ഇത് കേട്ട് ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും ഞാൻ നിനക്ക് ഒരു വഴി പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേട്ടാലും നിൻ്റെ വികലാംഗത്വം മാറുകയും നിനക്ക് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ചെയ്യും ഇതൊക്കെയും ലഭിക്കാനായി ഞാനൊരു മഹത്തായ വ്രതത്തെപ്പറ്റി പറഞ്ഞു ഈ വ്രതം അനുഷ്ഠിച്ചു കഴിയുന്ന ഉടൻ നിനക്ക് ആയിരം പൊൻപണം കിട്ടും എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട് അതായത് കിട്ടുന്ന പൊൻപണത്തിൽ നിന്നും പകുതി എനിക്ക് തരണം എനിക്കുള്ള പൊൻപണം സ്വീകരിക്കാനായി നാളെ ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരും ഇത്ര പ്രാർത്ഥനയോടെ ആ ബ്രാഹ്മണനോട് ചോദിച്ചു ഹേ സ്വാമി ഞാൻ എത്ര ഭാഗ്യവാനാണ് ദയവായി ആ വ്രതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക തീർച്ചയായും ഞാനത് ചെയ്യാം ആ ബ്രാഹ്മണൻ ഉടൻ തന്നെ ശ്രീ വെങ്കടേശ വ്രത കൽപ്പത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊടുത്തു മിത്ര സന്തുഷ്ടനായി വീട്ടിലെത്തി തൻ്റെ ഭാര്യയോട് നടന്നെല്ലാം വിവരിച്ചു കൊടുത്തു മിത്ര തൻ്റെ അയൽക്കാരെയെല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ച വളരെ ഭക്തയോടുകൂടി ശ്രീ വെങ്കടേശ അനുഷ്ഠിച്ചു മിത്ര തീർത്ഥവും പ്രസാദവും സ്വയം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ പുറത്ത് ഒരാരവം കേട്ട് മിത്രയുടെ അന്വേഷിക്കാൻ പോയി അവൻ പെട്ടെന്ന് തിരികെയാണെന്നും മിത്രയോട് പറഞ്ഞു അച്ഛ രാജാവ് കൊടുത്തയച്ച കുറെ സമ്മാനങ്ങളുമായി രാജവൃത്യന്മാർ വന്നിരിക്കുന്നു കൊട്ടാരത്തിലെ പ്രധാന അലക്കുകാരനായി മിത്രയെ രാജാവ് നിയോഗിച്ച കാര്യം രാജകൃത്യന്മാർ അയാളെ അറിയിച്ചു ഇത് കൂടാതെ സമ്മാനമായി രാജാവ് കൊടുത്തയച്ച ആയിരം പൊൻപണവും അവർ മിത്രയ്ക്ക് കൈമാറി മിത്ര സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ജോലി ഏറ്റെടുക്കാൻ മിത്രയ്ക്ക് രാജാവ് ഒരാഴ്ച നൽകിയിരുന്നെങ്കിലും അത്രയും കാത്തിരിക്കുന്ന ക്ഷമ അയാൾക്കില്ലായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ കൊട്ടാരത്തിലേക്ക് യാത്രയായി സന്തോഷാധിക്യത്താൽ വൃദ്ധ ബ്രാഹ്മണനെ കൊടുത്ത വാക്ക് അയാൾ മറന്നുപോയി എന്നാൽ പോകുന്ന വഴിയിൽ മിത്ര ബ്രാഹ്മണനെ ഓർത്തെങ്കിലും അദ്ദേഹത്തിന് കൊടുത്ത വാക്കിന് പ്രാധാന്യം കല്പിക്കാതെ ബ്രാഹ്മണനെ ഒരു മാസത്തിന് ശേഷം കാണാമെന്ന മനസ്സിൽ വിചാരിച്ച് അയാൾ നടന്നു നീങ്ങി കൊട്ടാരത്തിൽ അയാൾ തൻ്റെ ജോലി ഏറ്റെടുത്തു മാസങ്ങൾ കടന്നുപോയി പക്ഷേ വൃദ്ധ ബ്രാഹ്മണന് കൊടുത്ത വാക്ക് അയാൾ പാടെ മറന്നുപോയി ഭഗവാൻ ശ്രീമാൻ നാരൻ തന്നെയായിരുന്നു ബ്രാഹ്മണരൂപത്തിൽ മിത്രയുടെ മുന്നിൽ ചെന്നിരുന്നത് എന്നാൽ മിത്ര മനസ്സിലാക്കിയില്ല ഭഗവാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം രാജ്ഞിയുടെ ആഭരണങ്ങൾ കാണാതാകുകയും ആ കുറ്റം മിത്രയുടെ മേൽ ചുമത്തപ്പെടുകയും അയാൾ തുറങ്കിലടയ്ക്കപ്പെടുകയും ചെയ്തു പല രീതിയിലും അയാൾ ശിക്ഷിക്കപ്പെട്ടു എന്താണെനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നോർത്ത് മിത്ര കുണ്ഠിതപ്പെട്ടു അന്ന് രാത്രി മിത്ര സ്വപ്നത്തിൽ വൃദ്ധ ബ്രാഹ്മണനെ കാണുകയും താൻ മറ്റാരമല്ല ഭഗവാൻ ശ്രീനിവാസൻ തന്നെയാണെന്ന് മിത്രയെ അറിയിക്കുകയും ചെയ്തു ഭഗവാനു കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നതിനാണ് അയാൾക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്നും പറഞ്ഞു മിത്ര പ്രാർത്ഥനയോടെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാൻ വലിയ ഒരു ഞാൻ ചെയ്തത് വലിയ തെറ്റു തന്നെയാണ് സമസ്താപരാധവും പൊറിക്കണമേ ഇന്നുമുതൽ എൻ്റെ ജീവിതാവസാനം വരെ എല്ലാ മാസവും ഭക്തിയോടെ ഞാൻ വെങ്കടേശ്വൃതം അനുഷ്ഠിക്കുകയും എൻ്റെ വരുമാനത്തിൻ്റെ പകുതി അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്തു കൊള്ളാം തൻ്റെ ഭക്തരുടെ സംരക്ഷകനാണ് ഭഗവാൻ മിത്രയുടെ വാക്കൽ കേട്ട് ഭഗവാൻ പ്രീതിപ്പെടുകയും അയാളെ അനുഗ്രഹിക്കുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ രാജ്ഞന് ആഭരണങ്ങൾ കണ്ടുകിട്ടി ഇതിൽ നിന്നും മിത്ര കുറ്റക്കാരനല്ലെന്ന് രാജാവിന് ബോധ്യമായി തടങ്കലിൽ നിന്നും മിത്രയെ മോചിപ്പിക്കാൻ രാജ ഉത്തരവിട്ടു അതിനുശേഷം എല്ലാ മാസവും മിത്ര ശ്രീ വെങ്കടേശ്വ്രതം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അനുഷ്ഠിക്കുകയും തൻ്റെ വരുമാനത്തിൻ്റെ പകുതി ഭഗവാന് സമർപ്പിച്ച് പോരുകയും ചെയ്തു ശേഷമുള്ള മിത്രരുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു അവസാനം അയാൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്തു ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ശ്രീയാഹ കാണനിധയേ ശ്രീവെങ്കണനിവാസനിവാസായ മംഗളം കഥ അഞ്ചസമാർപ്പണം മന്ത്രഹീനം കിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യത്ത് പൂജിതം മയാ ദ പരിപൂർണം തദാസ്തുദേ ഭഗവാനെ സാഷ്ടാം നമസ്കരിക്കുക അനയാധ്യാന വാഹനാദി ഷോദശ പചര പൂജയാ ഭഗവാൻ സർവാത്മക ശ്രീലക്ഷ്മി പദ്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വരൂപോ ഭഗവാൻ സുപ്രീത സുപ്രസന്നോ വരദോഭവതു ശ്രീവെങ്കടേശ്വരദേവപ്രസാദം ശിരസൃഹനാമീ തീർത്ഥമെടുക്കുക അകാലമൃത്യുഹരണം സർവവ്യധി നിവാരണം സർവപക്ഷയകരം ദ പാദോദകം പാവനം ശുഭം ഗ്ലാസിലെ വെള്ളം തീർത്ഥമായി കുടിക്കുക നൈവേദ്യം ഓം ഭൂർഭുഃ തധൂർവരെണ്ഗോദെയധീമ തിയോ യോന പ്രചോദയാ സത്യം തോർദിന പരിശുഞ്ചാമി അമൃതമസ്തു അമൃതോപരനമസി ഓം പ്രാണായ സ്വാഹ ഓം അപാനായ സ്വാഹ ഓം വ്യാനായ ഓം ഉദനായ ഓം സമാനായ ഓം ബ്രാഹ്മണേ സ്വാഹ ശ്രീലക്ഷ്മി പത്മാവതി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി മഹാ നൈവേദ്യം സമർപ്പയാമി മഹാനൈവേദ്യം കൈയുടെ ആംഗ്യം കൊണ്ട് ഭഗവാന് സമർപ്പിക്കുക മഹാ നൈവേദ്യമെന്നാൽ ഗോതമ്പൻ നുറുക്ക് നെയ്യ് ഏലക്കാപ്പൊടി പഞ്ചസാര ഇവ ചേർത്ത് വേവിച്ച് ഒരു പഴം അരിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുക ഇതാണ് മഹാ നൈവേദ്യം താനാമസി ഉത്തരാഭോഷണം സമർപ്പയാമി ഹസ്തൗ പ്രക്ഷലയാമി ശുദ്ധ ആചമനീയം സമർപ്പയാമി താമ്പൂലം സമർപ്പയാമി സുവർണമന്ത്ര പുഷ്പം പ്രദക്ഷിണം പ്രദക്ഷിണനമസ്കാരം സമർപ്പമി അനയാ ധ്യാനവാഹനാദിശോധശോപചര പൂജയാ ഭഗവാൻ സർവാത്മക ശ്രീലക്ഷ്മി പദ്മാവതിസേത ശ്രീ വെങ്കടേശ്വരസ്വാമി സുപ്രീതുപ്രസന്നരദവ ശ്രീലക്ഷ്മീപദ്മാവതിസമേത ശ്രീ വെങ്കടേശ്വരസ്വാമി പ്രസാദം ശിരസം ഗൃഹണാമി ഉദ്വാസനം യജ്ഞന യമജന്ദസ്തർമാണി പ്രധാനമാനസന് തേഹനാഗം മഹിമാനസന്ദേയ പൂർവ സാധ്യാ ശാന്തിച്ഛ ഗുരശ്രേസ്വസ്ഥക്തീഷ സമൃദ്ധിയർം പുനരാഗമന ചീലക്ഷ്മി പദ്തീസേത ശ്രീ വെങ്കടേശ്വരസ്വാമീയഥാസ്തം ഉദ്സയാമേ